الحمد لله نحمده ونبن به ونتوكل عليك ونعوذ بالله من من شرور ومن ومن سيئات الله الله فلا ومن يللك فلا لا ു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുഹിറഹു അലദ്ദീനി കുല്ലി വകഫാ ബില്ലാഹി ഷഹീദാ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിം വബാരിക്ക അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമബറകതാല ഇബ്രാഹിം വലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ് അമ്മാ ബാദ ഫൈന ഖൈറൽ കലാമി കലാമുല്ലാ വഖൈറൽ ഹദീഥി കിതാബുല്ലാ വഖൈറൽ ഹദീ ഹദിയു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശർറുൽ ഉമൂരി മുഹ്ദതതുഹാ വ kull മുഹ്ദതതിൻ ബിദഅ വ kull ബിദഅതിൻ ളലാ أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ഔദു ബിഹിമിന് ശേവാനിർവചം വിസ്മില്ലാഹിഹമാനിഹീം യാഹല്ല ആമനുത്ത കുഹ കലതൂന്ന ഇല്ല വസ്ലിമൂൻ ലാ ഉൽബാത് വൈനിയ ദൈ വലാമിൻ ഹൽഫി ും സ്നേഹമുള്ള സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ സഹോദരി സഹോദരന്മാരെയും സർവ്വശക്തനായ അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കണമെന്നും എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് എന്നോടും നിങ്ങളോടുമായി ഉത്ബോധിപ്പിക്കുകയാണ് സഹോദരങ്ങളെ ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതമെന്താണ് ഏറ്റവും വലിയ വിസ്മയം എന്താണ് എന്ന ചോദ്യത്തിന് വിശ്വാസികളായ എനിക്കും നിങ്ങൾക്കും ഒരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ അത് വിശുദ്ധ ഖുർആാനാണ് രണ്ടു ചട്ടങ്ങൾക്കുള്ളിൽ ഏതാനും പേജുകളായി അറബിയിലുള്ള വചനങ്ങളായി വാക്യങ്ങളായി കാണുന്ന ഇതിനെ കേവലം മറ്റു പുസ്തകങ്ങളെപ്പോലെ ഒരു പുസ്തകം മാത്രമായി മനസ്സിലാക്കപ്പെടുന്നത് എന്തുമാത്രം അത്ഭുതകരമാണ് എന്തുമാത്രം അപലപനീയമാണ് എന്ന് നമ്മൾ എല്ലാവരും ചിന്തിക്കേണ്ടതുണ്ട് കാരണം ലോകത്തെ ഇത്രയും വലിയ ഒരു അത്ഭുതത്തെ ഒരത്ഭുതമാണെന്ന് പോലും അറിയാത്ത പരകോടികൾ സഹോദരങ്ങളെ ഈ ലോകത്ത് ജീവിക്കുന്നു എന്നത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് നാം എന്തൊരു കാര്യത്തെക്കുറിച്ചും അത്ഭുതം എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ് ാക്കിയ ചില കാര്യങ്ങളുടെയും കാരണങ്ങളുടെയും അടിസ്ഥാനങ്ങൾ ചില സംഗതികൾക്ക് കാണാതിരിക്കുമ്പോൾ നാം അതിനെ അത്ഭുതമെന്ന് പറയും ഒരു മേജിക്കുകാരൻ കാണിക്കുന്ന പല വിദ്യകളെയും അത്ഭുതമെന്ന ആളുകൾ പറയുന്നത് സാധാരണത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള സംഗതികൾ കാണുമ്പോഴാണ് അത് യാഥാർത്ഥ്യങ്ങളെല്ലാം നമ്മളെ കബളിപ്പിക്കുകയാണെങ്കിൽ പോലും എങ്ങനെ ഒരു കടലാസ കഷ്ണം ഒരു ഒരു കറൻസിയായി ഒരു നോട്ടായി എന്ന് ചോദിക്കുമ്പോൾ നോക്കി നിൽക്കുന്നവൻ വിസ്മയപ്പെടുന്നത് അത് പരിചയമില്ലാത്തൊരു വഴിയാണല്ലോ എന്നതുകൊണ്ടാണ് സഹോദരങ്ങളെ ഇത്തരത്തിലുള്ള യാഥാർത്ഥ്യമായ മഹാത്ഭുതങ്ങളെ അള്ളാഹു ലോകത്തിന് കാണിച്ചു കൊടുത്തത് മനുഷ്യരിൽ നിന്ന് തന്നെ ഒരാൾ ഒരു നാൾ സന്ദേശവാഹകനായി പ്രത്യക്ഷപ്പെടുമ്പോൾ വർഷങ്ങളോളം ആളുകൾക്കിടയിൽ ഒരു സുഹൃത്തായി ഒരു മകനായി ഒരു പിതാവായി ജീവിച്ച ഒരാൾ ഒരു നാളിൽ ഞാൻ അള്ളാഹുവിൽ നിന്ന് വെളിപാടുകൾ കിട്ടുന്ന ഒരു പ്രവാചകനാണെന്ന് പറയുമ്പോൾ ജനങ്ങളത് നിഷേധിക്കും അങ്ങനെ നിഷേധിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്കു കഴിയാത്തത് എനിക്കു കഴിയും നിങ്ങൾക്ക് പറ്റാത്തത് പറ്റും നിങ്ങൾക്ക് പരിചയമില്ലാത്ത പലതും എനിക്ക് കാണിച്ചു പറ്റും അള്ളാഹുവിന്റെ അനുമതി പ്രകാരം കഴിവല്ല നിങ്ങളെ ബോധ്യപ്പെടുത്താൻ എനിക്കങ്ങനെ ചില കാര്യങ്ങൾ അള്ളാഹു തന്നിരിക്കുന്നു അതിനെയാണ് നമ്മൾ മുഹജത്തുകൾ അല്ലെങ്കിൽ ആയാത്തുകൾ ദൃഷ്ടാന്തങ്ങൾ എന്ന് പറയുന്നതിനെ കുറിച്ചാണ് സഹോദരങ്ങളെ തീയിൽ കരിയും അപ്പോൾ ഒരാൾ തീയിൽ കിടന്നിട്ടും ഒരു ചെറിയ രോമം പോലും കരിയാതെ പുറത്തു വന്നാലോ അതിനെ നമ്മൾ അത്ഭുതം വിളിക്കും അതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് സംഭവിച്ചത് കുല്ലായ നാറു അല ഇബ്രാഹിം ഒരുപക്ഷെ ചരിത്രകാരന്മാർ പറയുന്നു വ്യാഖ്യാതാക്കൾ പറയുന്നു അഗ്നിയെ തീനെ അങ്ങേയറ്റത്തെ ആദരവോടുകൂടെ കണ്ടവരും തീനെ ആരാധിച്ചവരുമായിരുന്നു അവർ എന്നാണ് തീനെ പശ്ചാത്തലത്തിൽ ഒരു അത്ഭുതം കണ്ടപ്പോഴും യഥാർത്ഥത്തിൽ അവര് വിസ്മയിച്ചു പോയി എന്നാണ് വലിയൊരു അഗ്നി നിന്നും ഒന്നും പറ്റാത്ത ഒരാൾ കയറി സഹോദരങ്ങളെ നമ്മുടെ പരിചയങ്ങൾക്ക് അനുസരിച്ചു ജീവനില്ലാത്ത ഒന്നിൽ നിന്നും ജീവൻ വരുമോ നമുക്ക് പരിചയമില്ല കണ്ടങ്ങനെ കണ്ട നമ്മളെ അത്ഭുതം എന്ന് ജീവനില്ലാത്ത ഒന്നും ജീവൻ വരിക മൂസാ നബി അലൈഹി സ്വലാം നിലത്തിട്ടപ്പോൾ അതൊരു അചേതന വസ്തുവാണ് ആ വഴി ജീവനുള്ള ഒന്നായി പരിണമിക്കുകയാണ് ഇഴഞ്ഞു പോകുന്ന ഒരു സർപ്പം എന്തിനു മാത്രം സ്വന്തം കയ്യിൽ നിന്ന് വടി നിലത്തിട്ട മൂസാ നബി അറൈസലാം പോലും ഭയപ്പെട്ടുകൊണ്ട് പിന്തിരിഞ്ഞു തന്റെ കയ്യിൽ നിന്ന് വീണ ആ വടി സർപ്പമായപ്പോൾ അത്ഭുതത്തോടെ പിൻവാങ്ങുകയാണ് ചെയ്യുന്നത് അപ്പോൾ എന്താണ് അത്ഭുതം നാം പരിചയമുള്ള കാരണങ്ങളിൽ നിന്നും വ്യത്യസ്തമായ കാര്യങ്ങൾ കാണുമ്പോൾ അതിനെ അത്ഭുതമെന്ന് പറയും അനുഭവകരമായി കണ്ണിൽ കാണുന്ന ഇത്തരം സംഗതികൾ എല്ലാവർക്കും മനസ്സിലാവും മൂസാ നബി അലൈഹി സ്വലാമിന്റെ വടി പാമ്പായപ്പോൾ സഹോദരങ്ങളെ ഇനി ഒരു വിശദീകരണം ആവശ്യമില്ല ഒരു വ്യക്തമാക്കൽ ആവശ്യമില്ല അത് ഹിസ്റ്റിയാണ് അനുഭവകരമാണ് ഒരു വടി പാമ്പായി പരിണമിച്ചാൽ അത്ഭുതത്തോടെ നോക്കി നിൽക്കാത്തവരാരാണ് എന്നാൽ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അറിയുസല്ലമയെ ലോകാവസാനം വരെയുള്ളവർ പ്രവാചകനായി കാണണം അതിന് സഹോദരങ്ങളെ ജീവിച്ചിരിക്കുന്ന കാലത്ത് കാണിച്ചു കൊടുക്കാൻ പറ്റിയ ഒരു മഹാത്ഭുതം പോരാൻ അത്ഭുതങ്ങളേറെ സംഭവിച്ചിട്ടുണ്ട് രബിസ്ലാസമയുടെ അത്ഭുത ദൃഷ്ടാന്തങ്ങളെ ജനങ്ങൾക്ക് അവിശ്വസനീയമായ കാര്യങ്ങളെ കാണിച്ചു കൊടുത്തിട്ടുണ്ട് ചന്ദ്രനെ പിളർത്തി കാണിച്ചു കൊടുത്തു ഇന്നും പലപ്പോഴും പല ഗവേഷകന്മാരും പറയുന്നു ചന്ദ്രനിൽ അന്നത്തെ ആഘാതത്തിന്റെ പാടുകൾ എന്ന് അങ്ങനെ പറയുമ്പോൾ ചന്ദ്രൻ പിളർത്തി കാണിച്ചു കൊടുത്തു രണ്ട് ഭാഗത്തേക്ക് മാറി നിൽക്കുന്നത് കണ്ടു ഈത്തപ്പനയുടെ ചെറിയ തണ്ടുകൾ സംസാരിക്കുന്ന തേങ്ങലകൾ കേട്ടു പല സന്ദർഭങ്ങളും രബിസ്ലാ സമയുടെ ജീവിതത്തിൽ പറയും എന്തിനേറെ സഹോദരങ്ങളെ അതിശക്തമായ വേഗതയിൽ സഞ്ചരിക്കുന്ന വാഹനങ്ങളില്ലാത്ത ഒരു കാലഘട്ടത്തിൽ ഏഴു വാനങ്ങളും അതേപോലെ തന്നെ മക്കയിൽ നിന്നും മസ്ജുൽ അക്സവരെ ഒരൊറ്റ രാത്രി കൊണ്ട് ശരീരത്തോടുകൂടെ പോയി വന്നു ഇതൊക്കെ അത്ഭുതങ്ങളല്ലേ പക്ഷേ അള്ളാഹു ലോകത്തിന് അമാനുഷിക ദൃഷ്ടാന്തങ്ങളായി ഇതൊക്കെ പറഞ്ഞ കൂടത്തിൽ സഹോദരങ്ങളെ ലോകാവസാനം വരെ ഒരു വെല്ലുവിളി നിലനിൽക്കുന്നത് ഖുർആാന്റെ കാര്യത്തിൽ മാത്രമാണ് ഒരു വെല്ലുവിളി മുഹമ്മദ് നബി പ്രവാചകനല്ലെന്ന് വാദമുണ്ടെങ്കിൽ വിശുദ്ധ ഖുർആാൻ അള്ളാഹുവിന്റേതല്ല എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും വാദമുണ്ടെങ്കിൽ എന്തെങ്കിലും വല്ല ശങ്ക നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾക്കുണ്ടെങ്കിൽ എന്ത് കാര്യത്തിൽ മിമ്മ നാം നമ്മുടെ അടിമയുടെ മേൽ ഇറക്കിയ കാര്യത്തിൽ അത് അള്ളാഹുവിന്റേതല്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തൂബി സൂറത്ത് മിമ്മിസിലി ഒരധ്യായം നൂറ്റി പതിനാല് സൂറത്തില്ലേ ഒരു സൂറത്ത് അറബി സാഹിത്യത്തിന്റെ ഏറ്റവും അത്യുന്നതിയിൽ നിൽക്കുന്ന സാഹിത്യ പടുക്കളും മഹാത്മാക്കളുമുള്ള ലോകത്ത് ആരെങ്കിലും കൊണ്ടുവരൂ തല്ലണ്ട കൊല്ലണ്ട നാടുകടത്തണ്ട ഇസ്ലാമിനെ അക്രമിച്ച് കീഴ്പ്പെടുത്തണ്ട ശാന്തമായി ഒഴിഞ്ഞുപോയിരുന്ന് ഇതുപോലെ ഒരു ഒരു അധ്യായം എഴുതിക്കൊണ്ടുവന്നാൽ മതി എന്നാണ് സഹോദരങ്ങളെ നടന്നില്ലല്ലോ ആ വെല്ലുവിളി അവസാനിച്ചോ വെല്ലുവിളിയുടെ കാലാവധി അവസാനിച്ചോ ഇല്ല ലോകാവസാനം വരെ നീണ്ടു നിൽക്കുന്ന ഒരു വെല്ലുവിളിയാണ് അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത് മാമിൻ ഇല്ല മനുഷ്യന്മാർക്ക് വിശ്വാസം വരാവുന്ന വിശ്വസിക്കാവുന്ന ചില ദൃഷ്ടാന്തങ്ങൾ പ്രവാചകന്മാർക്കും അള്ളാഹു കൊടുത്തിട്ടുണ്ട് എനിക്കുള്ളതോ വക്കാനല്ല എനിക്ക് തന്ന വഹിയു തന്നെയാണ് എന്റെ അത്ഭുതം അള്ളാഹുവിന്റെ റസൂലിന് കൊടുത്ത വഹിയാകുന്ന ഈ കുർഹാൻ തന്നെയാണ് അത്ഭുതം അതുകൊണ്ട് മറ്റൊരു പ്രവാചകന്മാരുടെ ദൃഷ്ടാന്തങ്ങൾ കണ്ട് വിശ്വസിച്ചതിലേറെ ജനങ്ങൾ എന്റെ ദൃഷ്ടാന്തം കണ്ട് വിശ്വസിക്കുക തന്നെ ചെയ്യും അർജു അൻ താവിൽ ക്യാമത്തു നാളുവരെ ഏറ്റവും അധികം അനുയായികൾ എനിക്ക് കാരണം എന്റെ ദൃഷ്ടാന്തം ലോകാന്തൃം വരെ ജനങ്ങൾക്കൊരു മഹാത്ഭുതമായി ലോകത്ത് നിലനിൽക്കുമെന്ന് ലബിസ്ലാസ്മ പറഞ്ഞിട്ടുണ്ട് സഹോദരങ്ങളെ അതുകൊണ്ട് തന്നെ നമുക്കൊരു വലിയ ദൗത്യമുണ്ട് എന്താ ദൗത്യം ഒരു ഈ ഖുർആൻ എങ്ങനെ നമ്മുടെ ഈ അലമാരവീക്കുന്ന ഈ ഖുർആൻ സഹോദരങ്ങളെ ഇന്ന് രാവിലെ അൽഖ് പോ കയ്യിലെടുത്ത ഖുർആാൻ ഒരു അത്ഭുതമുണ്ടെന്ന് നമ്മുടെ മനസ്സാക്ഷി പറയണം അത് നമുക്ക് ബോധ്യപ്പെടാതെ സഹോദരങ്ങളെ നമുക്ക് പരലോകത്തെ ബോധ്യപ്പെടാനാവില്ല അള്ളാഹുവിനെ ബോധ്യപ്പെടാനാവില്ല ഇത് അള്ളാഹുവിന്റെ വചനങ്ങളാണെന്ന് ബോധ്യപ്പെടാനാവില്ല ആ അത്ഭുതം േ പറ്റൂ അഫലായ ഹൃദയത്തിന് സീരിട്ടിരിക്കാണോ അവർ ഈ കുർആാൻ ഉറ്റാലോചിച്ച് പഠിക്കുന്നില്ലെന്ന് അപ്പൊ സുഹൃത്തുക്കളെ ആയിരത്തി ആറായിരത്തി ചില്ലാനും വചനങ്ങളില്ലേ ഖുർആാനില് ഇപ്പൊ ഇരിക്കുന്ന ആൾക്കാരെ വീട്ടിലൊക്കെ ഖുർആൻ ഉണ്ട് ഇന്ന് വൈകുന്നേരം പോയിട്ട് ഒരു പരിഭാഷ നോക്കി എടുതാ ഇന്ന സൂഹത്തിലെ ഇത്തരാമത്തെ ആയത് അതെന്നെ വല്ലാതെ ആശ്ചര്യപ്പെടുത്തി എന്തൊരാശയം എന്തൊരത്ഭുതം എന്ന് പറയാൻ തൊട്ടു കാണിച്ചു തരുന്ന ആയത്തുണ്ടോ സഹോദരങ്ങളെ എങ്കിലത് കണ്ടുപിടിച്ചേ പറ്റൂ അത് ബോധ്യപ്പെട്ടേ പറ്റൂ ഇത് പടച്ചോന്റെ വചനങ്ങളാകാതിരിക്കാൻ തരമില്ലെന്ന് നമുക്ക് നമ്മുടെ ഹൃദയത്തെ ബോധ്യപ്പെടുത്തണം നമുക്ക് മാത്രം ബോധ്യപ്പെട്ടാൽ മതിയോ സഹോദരങ്ങളെ ഇവിടെ ധാരാളം വേദഗ്രന്ഥങ്ങളെ പേര് പറയുമ്പോ ആ കൂട്ടത്തിലൊരു ഖുർആനും അങ്ങനെ പറഞ്ഞാ അങ്ങനെ മനസ്സിലാക്കിയാ ഇവിടുത്തെ മുസ്ലിങ്ങൾ ഖുറാനിനെ സഹോദരങ്ങളെ യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത എവിടെ നിന്ന് വന്നു എന്നറിയാത്ത ആരെഴുതി എന്നറിയാത്ത അനേകം പുരാണങ്ങൾക്കിടയിൽ ചേർത്തു വെക്കേണ്ട ഒന്നാണോ അതിനോട് താരതമ്യം ചെയ്യാൻ പോലും പറ്റാത്ത ദൈവിക സൂക്തങ്ങളല്ലയോ ഈ വിശുദ്ധ കുർആാൻ തൻസീലും ലോകരക്ഷിതാവിൽ നിന്നും നേരിട്ടു വന്ന ഗ്രന്ഥം കാലത്തെ മുഴുവൻ അതിജീവിക്കുന്ന ഗ്രന്ഥം ആശയവൈരുദ്ധ്യങ്ങളില്ലാത്ത ഗ്രന്ഥം ഒരു പ്രസ്താവനകളും ഒരു കാലത്തും തെറ്റാത്ത ഗ്രന്ഥം ഒരു ഹമീദ്നും അഗാധജ്ഞാനിയുമായ അള്ളാഹുൽ നിന്ന് വന്നതാണ് ഈ ഗ്രന്ഥം എന്ന് കുർആാൻ പറയുന്നു സഹോദരങ്ങളെ അതുകൊണ്ട് ആ ഒരു പഠനത്തിൽ നാം സജ്ജമാവുകയാണ് ആര് ആദ്യം നമ്മൾ നമ്മുടെ പരിസരത്ത് ജീവിക്കുന്നവരോടെല്ലാവരോടും ഖുർആനിന്റെ മഹാദ്ഭുതത്തെ പറയാൻ ഒരു കടമയുണ്ട് സഹോദരങ്ങളെ നമുക്ക് ഒരു ബാധ്യത അതും നാം നിർവ്വഹിച്ചില്ലെങ്കിൽ നാം എല്ലാവരും സംപരലോകത്ത് കുറ്റക്കാരാവും പണ്ഡിതന്മാരെ പറയും ഫർൽ ഐനു പറയും നിസ്കാരം നോമ്പോ അതാണ് ഫർൽ നിർബന്ധമായ സാമൂഹിക ബാധ്യതക്ക് പണ്ഡിതന്മാർ ഉദാഹരണം പറയല് നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലുണ്ട് സഹോദരങ്ങളെ ഈ വിശുദ്ധ ഇസ്ലാമിനെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ സമൂഹത്തിൽ ആരെങ്കിലും ഈ മഹാസത്യം അറിയാതെ പോയാൽ ഈ ഇരിക്കുന്ന ഞാനും നിങ്ങളും മുസ്ലിം പേരുള്ള എല്ലാവരും ഉത്തരവാദികളാണ് കുറച്ച് ഗൌരവമല്ലേ സഹോദരങ്ങളെ ആ വിഷയത്തിന് നാളെ പഠിച്ചെന്നേരിൽ കുറ്റം നമ്മൾ ഏറ്റുവാങ്ങേണ്ടി വരും എന്താണ് സഹോദരങ്ങളെ ഖുർആആൻ ഖുർആാൻ എന്താണെന്ന് ചോദിച്ചാൽ അല അരിസാലി അള്ളാഹു ഹുജത്ത്ബിക്ക് അള്ളാഹു കൊടുത്ത തെളിവാണ് മുഹമ്മദ് നബി നബി ആണെന്ന തെളിവാണ് ഖുർആൻ അതിന് ഏറ്റവും ആധികാരികമായ രേഖ അതേപോലെ തന്നെ ഹുജത്ത് ഉള്ളാഹി അലഹൽഖിം നാളെ പരലോകത്ത് മനുഷ്യന്മാര് വരുമ്പോഴേ നരകത്ത് കണ്ട് കയറി പോകുമ്പോൾ ചോദിക്കുന്ന ചോദ്യമാണ് എന്ത് എന്ത് ഇങ്ങനെ ഒരു ഇത്ര ഭീകരമായ ഒരു പരിണിതിയെക്കുറിച്ചും അറിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഖുർആൻ അവിടെ ഉണ്ടായിരുന്നില്ലേ എന്നാ ചോദിക്ക സഹോദരങ്ങളെ ഖുർആൻ ഇവിടെ ഉണ്ടെന്ന് ആളുകളോട് പറയണ്ടേ നാം നരകത്തിലേക്ക് കൂട്ടം കെട്ടി വീഴാൻ പോകുന്ന ജനലക്ഷങ്ങളോട് പറയണ്ടേ ഇവിടെ ഒരു കുർആാനുണ്ട് ഒന്ന് നോക്കിക്കോളീം ഒന്ന് പഠിച്ചോളീം അല്ലെങ്കിൽ കഷ്ടപ്പെട്ടു പോകും ജീവിതഭാവി എന്നൊരു പോസ്റ്ററിൽ ഒരു വരി എഴുതിയിട്ടെങ്കിലും നമ്മൾ ജനങ്ങളോട് പറയണ്ടേ സഹോദരങ്ങളെ സ്നേഹപൂർവം നമ്മുടെ അയൽവാസിയോട് ഒരു നാൾ നമ്മളത് പറഞ്ഞില്ലെങ്കിൽ കുറ്റക്കാരാവൂലേ നാളെ പരലോകത്ത് വരുമ്പോ പടച്ചോരത്തിന് നിർദ്ദേശവും കിട്ടിയില്ല എന്ന് ഒരാൾ പറയാതിരിക്കാനാണത്രെ അള്ളാഹു ലോകാന്ത്യം വരെ ഖുർആനെ ഇവിടെ നിലനിർത്തിയത് മാത്രമോ സഹോദരങ്ങളെ ലോകത്തെന്ത് വിഷയങ്ങളിൽ എന്ത് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടോ എല്ലാറ്റിനും അടിസ്ഥാനപരമായ ഒരു പരിഹാരം നിർദ്ദേശിക്കുന്ന പരിഹാരത്തിന്റെ ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ മാത്രല്ല ഒരു സമ്പൂർണമായ ശരീരത്തിന് ആലേഖനം ചെയ്യപ്പെട്ട മത ഒരു നിയമപുസ്തകമാണ് ആത്യന്തികമായൊരു പുസ്തകമാണ് സഹോദരങ്ങളെ ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആാൻ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ആ വിശുദ്ധ ഖുർആാൻ പഠിച്ച് ഉൾക്കൊള്ളുകയും മറ്റുള്ളവരെ പഠിപ്പിക്കുകയും വേണം ഇമാം ഖുർതുബി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഖുർആാൻ എന്തുകൊണ്ട് അത്ഭുതമാകുന്നു എന്ന് പറഞ്ഞാൽ പത്തോളം പരാമർശങ്ങൾ കൊടുത്തിട്ടുണ്ട് സഹോദരങ്ങളെ എല്ലാം പറയുക വയ്യെങ്കിലും നമ്മുടെ ജീവിതത്തിൽ തന്നെ അനുഭവമുള്ള ഒരു അത്ഭുതമായി അതിനെ മനസ്സിലാക്കാൻ ആർക്കും പ്രയാസമില്ല ഒക്കെ ഖുറാൻ ഓതന്നല്ലേ സഹോദരങ്ങളെ വീട്ടിലെ അഞ്ചാളുണ്ടെങ്കിൽ അഞ്ചാളും ഖുർആാൻ ഓതുന്നു സാധാരണ ഒരു കവിതയാണോ ഖുർആാൻ അല്ല ഒരു ഗദ്യമാണോ ഖുർആാൻ വമാ അല്ലം നാഹു വമ എം വകു നോക്കു വാഹേന പോലും അതിന്റെ ശൈലി പോലും മഹാത്ഭുതം ഒരു കവിതയെന്ന് പറയാനും ഗദ്യമെന്ന് പറയാനും പറ്റാത്ത ഒരു ഗ്രന്ഥം ആരും ഒതിയാലും എന്റെ ചൊർക്കില്ലേ സഹോദരങ്ങളെ എല്ലാ ശബ്ദത്തിനും വഴങ്ങുന്ന എല്ലാവർക്കും വഴങ്ങുന്ന എല്ലാ ശൈലിക്കും വഴങ്ങുന്ന ഒരു പ്രത്യേകത ആ വിശുദ്ധ ഖുർആാനിൽ ഇല്ലേന്നാണ് സഹോദരങ്ങളെ എത്ര മഹത്വരമാണ് അതിന്റെ ഓരോ ഭാഗങ്ങൾ അറബി അറിയുന്ന ആളുകൾ വായിച്ചാൽ തക്ഷയി രോമാഞ്ചം കൊണ്ടുപോകുന്ന വചനങ്ങളല്ലേ സൂറത്തു കാഫ് വിഷു ഖുറാൻ അൻപതാമത്തെ സുഹൃത്തു ഒന്നു പോയിട്ട് വായിച്ചു നോക്കി സാർ ഖുർആാന്റെ പരിഭാഷ വായിക്കാത്തൊരാരെങ്കിലും ഉണ്ടെങ്കിൽ ആ അൻപതാമത്തെ സുഹൃത്തൊന്നും ജസാലത്തിന് ഉദാഹരണം പറയാൻ വേണ്ടി നമ്മൾ ഖുർആാന്റെ മഹത്വം ഓരോ വചനങ്ങളും ഓരോ വാക്യങ്ങളും ഓരോ പ്രയോഗങ്ങളും ഹൃദയത്തിൽ തറക്കുന്നതാണ് ഇസ്ലാമിന്റെ ആശയ വിശുദ്ധ ഖുർആാനിന്റെ ആശയ ഭംഗി അതുമാത്രമല്ല സഹോദരങ്ങളെ വിശുദ്ധ കുർആാൻ എവിടെ നോക്കിയാലും ഏതായത്വം മറിച്ചാലും അത് അത്ഭുതം തന്നെയുണ്ട് അത് സാധാരണഗതിയിൽ ഒരു മനസ്സമാധാനം ജീവിതത്തിൽ ഏതൊക്കെ സന്ദർഭം നമുക്കുണ്ടാവും സഹോദരങ്ങളെ മനസ്സമാധാനം കിട്ടാൻ വെറുതെ തോതിയാ പറ്റും അർത്ഥങ്ങളും ആശയങ്ങളും പഠിക്കുമ്പോൾ എന്തല്ല അതൊക്കെ ആ ഹിദർ നബിയും മൂസാ നബി അലൈഹിസ്ലാമും ഒന്നിച്ചു പോണ ആ രംഗത്തിൽ പിന്നെ മൂസാ നബി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് പല പ്രാവശ്യം ക്ഷമിക്കാൻ പറഞ്ഞിട്ടും പല പ്രാവശ്യം ചോദിക്കാൻ തിരിച്ചു ആദ്യം ഒരു കുട്ടിനെ കൊടു കപ്പൽ കേടുവരുത്തി അപ്പൊ കപ്പല് കേടുവരുത്തിയപ്പോ ചിന്തി നല്ലൊരു കപ്പൽ നമ്മളെ യാത്ര ചെയ്യാൻ സഹായിച്ച ഒരു കപ്പൽ എന്തിന് കേടുവരുത്തി എന്നാണ് അപ്പോഴും നിനക്ക് എന്റെ കൂടെ ക്ഷമിച്ചു പോരാൻ പറ്റിയവരാണ് ഒരു കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയെ കൊന്നു എന്തിനൊരു ചെറിയ പിന്നെ നല്ല കുട്ടിനെന്തിനാ കൊന്നത് എന്ന് ചോദിച്ചു ഒരിക്കലും അവർക്ക് ഭക്ഷണം കൊടുക്കാത്ത നാട്ടിലെ മതില് നേരാക്കി അപ്പോഴും ചോദിച്ചു ഭക്ഷണം തരാത്ത ഒരു നാട്ടിലെ മതിലെന്തിനാ നേരാക്കുന്നു ഈ ചോദ്യങ്ങൾ തുടർന്നപ്പോൾ മൂസാനബി ചോദിച്ച ഒരു ചോദ്യമുണ്ട് സഹോദരങ്ങളെ നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും മനസ്സമാധാനം നിറക്കുന്നൊരു ചോദ്യമാണത് കൈഫിറു അലാമാലംബിർ നിനക്ക് എങ്ങനെ ക്ഷമിക്കാൻ കഴിയും അലാ ഹുബ്രനക്ക് സൂക്ഷ്മമായി അറിഞ്ഞിട്ടില്ലാത്ത കാര്യത്തിൽ നമുക്ക് എന്ത് കാര്യം പ്രത്യക്ഷമായിട്ടല്ലേ വിലയിരുത്താൻ പറ്റുള്ളൂ സഹോദരങ്ങളെ ഒരു ചെറിയ കുട്ടി മരിച്ചു കിടക്കുമ്പോൾ ഇതിനെന്തിനു കൊന്നു എന്നാലോചിച്ച ഉത്തരം കിട്ടു ആ കുട്ടി ഭാവിയിൽ അപകടം വരും എന്നുള്ളത് ആർക്കെ അള്ളാഖു മാത്രല്ലേ അറിയുള്ളൂ ഇപ്പൊ രക്ഷപ്പെട്ട് ആ കുട്ടിയും രക്ഷപ്പെടും കുറച്ചും കൂടി കഴിഞ്ഞിട്ടാണെങ്കിൽ ആ കുട്ടിയും രക്ഷപ്പെടാതെ വരും കുടുംബവും രക്ഷപ്പെടാതെ വരും എന്തിനേ കപ്പൽ കേടരുത്തിയത് നല്ല കപ്പലൊക്കെ രാജാവ് കൊള്ളയടിക്കും കപ്പലിനെന്തെങ്കിലും ചെറിയ ഡാമേജ് ഉണ്ടെങ്കിൽ ആ കപ്പലിന്റെ ഉടമസ്ഥന്മാർക്ക് തന്നെ കപ്പലിന് എടുക്കാൻ പറ്റും അതുകൊണ്ട് നമുക്കറിയില്ല സഹോദരങ്ങളെ അള്ളാഹുവിനറിയാം എന്റെ ജീവിതത്തിൽ ഞാൻ പ്രതീക്ഷിക്കാതെ എന്തെല്ലാം സംഭവിച്ചുവോ അതിന്റെ പിന്നിലെല്ലാം അറിയുന്ന നാഥന് ചില ഉദ്ദേശങ്ങളുണ്ട് അതറിയാത്തിടത്തോളം കാലം എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഖുർആാനെ നാം ഇറക്കിയിരിക്കുന്നു ഒരു സത്യവിശ്വാസികൾക്ക് ഒരു കാരുണ്യമായി സഹോദരങ്ങളെ ഓരോ ഭാഗത്ത് പരിശോധിക്കുമ്പോൾ ഓരോന്ന് ഈ ലോകത്തെ ദുരന്തങ്ങളിൽ ഏറ്റവും വലിയൊരു ദുരന്തമാണ് ടൈറ്റാനിക്കിന്റെ ദുരന്തം എത്രയോ ആയിരക്കണക്കിന് ആളുകൾക്ക് സുഖസുന്ദരമായി സഞ്ചരിക്കാൻ പറ്റുന്ന മുങ്ങും എന്നുള്ളൊരു പേടി പേടിക്കാതെ കയറാൻ പറ്റുന്ന കപ്പൽ അതെപ്പറ്റി പറഞ്ഞു മുങ്ങുന്നു പേടിക്കേണ്ട സഹോദരൻ ലോകത്തെന്താ സംഭവിച്ചത് ഒന്നാമത്തെ യാത്രയിൽ അത് മുങ്ങില് അങ്ങേയട്ടത്തെ ഭാരം നിറച്ച കപ്പലുകൾ കടലിൽ മുങ്ങാതെ പോകുന്ന ഒരു ദൃഷ്ടാന്തമായി അള്ളാഹു എടുത്തു പറഞ്ഞു പക്ഷെ അള്ളാഹ പറഞ്ഞു വലിയ ധൈര്യം വേണ്ട യും വഹിച്ചുകൊണ്ട് കടലിലൂടെ പോകുന്നതിൽ അവർക്കൊരു അത്ഭുതമുണ്ട് കപ്പൽ മാത്രമല്ല അതുപോലെ പല വാഹനങ്ങളെയും ഞാൻ അവർക്ക് ഏർപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് പക്ഷേ കപ്പൽ മുങ്ങാതെ നിൽക്കുന്നത് കണ്ട് അഹങ്കരിക്കണ്ട ഇന്നും നാം അതിനെ മുക്കിക്കളയും ഫലാ സ്വരീ ഹലഹും അവർ വിളിച്ച് നിലവിളിച്ചാൽ അവർക്കൊരു രക്ഷകൻ വന്നെത്തുകയില്ല രക്ഷപ്പെടുത്താൻ വലാഹും യുങ്കതും അവർ രക്ഷപ്പെടുത്തപ്പെടുകയില്ല ലോകത്ത് കുറെ കപ്പലില്ലേ സഹോദരങ്ങളെ അതൊന്നും മുങ്ങുലുണ്ടല്ലേ ഈ കപ്പൽ മുങ്ങൂലെന്നു പറഞ്ഞു പക്ഷെ ഒന്നാമത്തെ യാത്രയിൽ മുങ്ങി ആ മുങ്ങണ സമയത്ത് നോക്ക് നിങ്ങൾ ആദ്യം രക്ഷപ്പെടാൻ വേണ്ടി പസഫിക്കിലേക്ക് എടുത്തു ചാടിയവർ തണുപ്പിന്റെ വെള്ളത്തിന്റെ തണുപ്പിന്റെ ആഘാതം കൊണ്ട് ആദ്യം മരിച്ചു തെറ്റായ സന്ദേശം കിട്ടി കുറച്ചും കൂടി കഴിഞ്ഞാൽ രക്ഷപ്പെടുത്താനുള്ള കപ്പൽ വരും ആ കാത്തിരിപ്പിൽ ധാരാളം ആളുകൾ മരിച്ചു മൂവായിരക്കണക്കിന് മൈ മൈലുകൾക്കടിയിലേക്കാണ് ആ കപ്പൽ ആണ്ടുപോയത് അള്ളാഹുവിന്റെ വാക്കുനോക്കു നിങ്ങൾ എന്തു വായിച്ചാലും അതിന്റെ ഒരു പശ്ചാത്തലത്തെ വായിച്ചെടുക്കാൻ പറ്റുന്ന ഒരു മഹാഗ്രന്ഥം വിശുദ്ധ ഖുർആാൻ സഹോദരങ്ങളെ ജീവിതാവസാനം വരെ ആഹ്ലാദവും സന്തോഷവും മനസമാധാനവും നൽകി പഠിച്ചു തീരാത്ത ഒരു മഹാഗ്രന്ഥം സഹോദരങ്ങളെ ഖുർആനിലേക്കണ്ടിറങ്ങിയാൽ ജീവിതം സന്തോഷകരവും ആസ്വാദകരവും ലക്ഷ്യപൂർണവുമാകും വരാനിരിക്കുന്ന അത്ഭുതങ്ങളെക്കുറിച്ച് പ്രവചിച്ച ഗ്രന്ഥം കഴിഞ്ഞ കാലത്ത് ആളുകൾക്കറിയാത്ത കഥകളുടെ സത്യമായിട്ടുള്ള യാഥാർത്ഥ്യങ്ങളെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത ഗ്രന്ഥം അതാണ് ആ സുഹാബുൽ അഹുൽ കൈഫ് ഗുഹാവാസികളെ കുറിച്ച് പല കഥകളും വേദപുസ്തകങ്ങളിലുണ്ട് മക്കത്തത് പ്രചരിച്ചിരുന്നു പക്ഷേ എന്തായിരുന്നു ആ ഗുഹാവാസികൾക്ക് സംഭവിച്ചത് എന്ന് അവർക്കറിയില്ലായിരുന്നു പക്ഷെ സൂറത്തുൽ കൈഫ് പതിനെട്ടാമത്തെ സൂറത്തിറങ്ങിയപ്പോൾ അവർക്കെല്ലാം വ്യക്തമായി മനസ്സിലായി ആ ചരിത്രം ഒരു യാഥാർത്ഥ്യമായിരുന്നു എന്ന് ആ സുഹാബു കൈഫിന്റെ ചരിത്രാവശിഷ്ടങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തരുന്നു എന്തെല്ലാം അത്ഭുതങ്ങൾ സഹോദരങ്ങളെ അതുകൊണ്ട് തന്നെ ഈ വിശുദ്ധ ഖുർആാൻ വൈരുദ്ധ്യമില്ലാത്ത ജീവിതത്തിന് മനസമാധാനം നൽകുന്ന ജീവിതത്തിന്റെ ഏത് രംഗങ്ങളിലേക്കും സഹോദരങ്ങളെ വെളിച്ചം വീശിക്കുന്ന ശാസ്ത്രീയമായ ഒട്ടനവധി കണ്ടുപിടുത്തങ്ങൾ നടന്നിട്ടും ഖുർആാനിന്റെ ഒരു പരാമർശത്തിന് പോലും അത് എതിരാണെന്ന് തെളിയിക്കപ്പെടാൻ പറ്റാത്ത ഈ മഹൽ ഗ്രന്ഥം അത് വല്ലാത്തൊരു സംഗതിയാണ് ഖുർആാൻ ഏറ്റവും വലിയ സത്യമായി പറഞ്ഞ തൗഹീദാണ് സഹോദരൻ അത് ഇന്നും നിത്യപ്രസക്തല്ലേ ആലോചകണി ഖുർആൻ പ്രവാചകന്മാരുടെ കഥകളൊക്കെ പറഞ്ഞ് തൗഹീദ് പഠിപ്പിക്കാനാണ് അതല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാതിരിക്കാൻ സഹോദരങ്ങളെ അത്യാധുനികനായ മനുഷ്യൻ വലിയ ശാസ്ത്ര ഗവേഷണങ്ങൾക്ക് തുടക്കം കുറിക്കുമ്പോൾ പോലും അന്ധവിശ്വാസങ്ങളിൽ നിന്ന് തുടങ്ങുന്ന ആളുകൾ എത്ര ആളുകളുണ്ട് ഏറ്റവും വലിയ വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആളുകൾ ഒരു കണ്ണും കാതുമില്ലാത്ത അചേതന വസ്തുക്കൾക്ക് മുമ്പിൽ അതിന്റെ ദേഹത്ത് തൊട്ടു വന്നിക്കുന്നത് കാണുമ്പോൾ ആ നിരർത്ഥകഥ വിശുദ്ധ ഖുർആാന്റെ തൗഹീദിന്റെ മഹാത്മ്യം നമുക്ക് ബോധ്യമാകും അതുകൊണ്ട് ഇതൊരു മഹാഗ്രന്ഥം ഹുതൻ ലിൻ മുസ്തഖിൻ ഹുതൻ ലിന്നാസ് സൂക്ഷ്മത പാലിക്കുന്നവർക്ക് പ്രത്യേകമായ മാർഗദർശന ഗ്രന്ഥം ലോകത്തുള്ളവർക്ക് മുഴുവനും സന്മാർഗത്തിന്റെ ഗ്രന്ഥം സഹോദരങ്ങളെ നമ്മുടെ ബാധ്യത ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഇത്രയും പറഞ്ഞത് ഒന്ന് അതിന്റെ അത്ഭുതം നമ്മൾ അറിയണം അതിന്റെ അത്ഭുതം മറ്റുള്ളവർക്ക് പകർന്നു നൽകണം ഈ വിശുദ്ധ ഖുർആാനിനെ ഉൾക്കൊള്ളുവാനും അതിന്റെ അടിസ്ഥാനത്തിൽ വിശ്വസിക്കുവാനും അങ്ങനെ മനസ്സമാധാനത്തെയും മനസ്സന്തോഷത്തോടുകൂടിയും ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധികളെയും ഖുർആാൻ തരുന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ തരണം ചെയ്യുവാനും അങ്ങനെ ഖുർആൻ വാഗ്ദത്തം ചെയ്ത പരലോകത്തെ യഥാർത്ഥ സ്വർഗത്തിൽ പ്രവേശിക്കുവാനും ഇബ്രാഹിം അലു ഇബ്രാഹിം മുഹമ്മദിൻ വാലാല് മുഹമ്മദ് കമാ ബാറത്താലിമലി ഇബ്രാഹിം മജീദ് സഹോദരങ്ങളെ ഒരിക്കൽ കൂടെ അള്ളാഹുവിന് സൂക്ഷി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർപ്പെടുത്താം നമ്മൾ മനസ്സിലാക്കിയതുപോലെ അള്ളാഹുവിന്റെ നമ്മളെ അറിയിച്ചിട്ടുണ്ട് വല്യവോ അന്നീ വലോ ആയ ഒരായത്തെങ്കിലും നിങ്ങൾ എന്നിൽ നിന്ന് എത്തിച്ചു കൊടുക്കണം എന്നാ അത് നമ്മുടെ ഒരു ദൗത്യമാണ് ആ ദൌത്യമാണ് നമ്മൾ ഏറ്റിരിക്കുന്നത് അതാണ് നമ്മുടെ ഈ ഇൻസൈറ്റ് എക്സിബിഷൻ എന്ത് പ്രത്യേകം പറയാൻ കാരണം ഒരവസരം കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ സഹോദരങ്ങളെ ഒരവസരം കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല വലിയ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് നമ്മൾ നിന്നൊരു ദാവ തികച്ചും ഇസ്ലാമിനെ സമ്പൂർണമായി പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അതിൽ നിറഞ്ഞു നിൽക്കുന്ന എന്താ വെച്ചാൽ കുർആാനിക വചനങ്ങൾ അതിന്റെ പരിഭാഷകളാണ് അതുകൊണ്ടുതന്നെ നാം ഒരാളെ ക്ഷണിക്കാൻ വിട്ടുപോകുന്നത് കൊണ്ട് മാത്രം ഇത്രയും ഗൌരവപരമായ ഒരു സന്ദർഭത്തിന് സാക്ഷ്യം വഹിക്കാൻ ഒരാൾക്ക് പറ്റാതെ വരിക എന്ന് പറഞ്ഞ സംഘടന വെറും രണ്ടാഴ്ചകൾ മാത്രമാണ് ഇനി ബാക്കി നിൽക്കുന്നത് നമുക്ക് നമ്മുടെ സഹപ്രവർത്തകരെ നമ്മുടെ സ്ഥാപനത്തിലുള്ളവരെ അയൽവാസികളെ നമ്മുടെ സ്വന്തം മക്കളെ ഭാര്യമാരെ എല്ലാവരെയും നമുക്ക് ക്ഷണിക്കാൻ പറ്റുന്ന പൊതുവായൊരു രൂപമാണ് നമ്മളതിന് സ്വീകരിച്ചിരിക്കുന്നത് സഹോദരങ്ങളെ ഒരിക്കലും വിട്ടുപോകാൻ പറ്റൂല നമുക്ക് രണ്ട് ദൌത്യങ്ങൾ നിർവഹിക്കാൻ ഇത് സഹായകമായി തീരും എത്രയോ കാലമായി നമ്മൾ ആഗ്രഹിച്ചതാണ് നമ്മുടെ കൂടെ ജീവിക്കുന്ന മുസ്ലിം അമുസ്ലിം സഹോദരന് ഇസ്ലാമിനെ കുറിച്ചൊന്ന് പറഞ്ഞുകൊടുക്കണം പക്ഷെ അത് എങ്ങനെ തുടങ്ങണം എങ്ങനെ അവസാനിപ്പിക്കണമെന്ന് അറിയാത്തത് കൊണ്ട് പറയാൻ ഇനിയും അവസരം കാത്തുകാത്തിരിക്കയാണ് ആ അവസരം പൂർത്തിയാകും മുമ്പ് നാം വിടവാങ്ങുമോ അയാൾ വിടവാങ്ങുമോ ഒരു പക്ഷെ അറിയാതിരുന്നേക്കാം അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ വൈകിപ്പിക്കുന്നതിലർത്ഥമില്ല അള്ളാഹുലിയേക്കുള്ള ഒരു ക്ഷണം ഖുർആനിന്റെ സത്യതയിലേക്കും യാഥാർത്ഥ്യത്തിലേക്കുമുള്ള ഒരു ക്ഷണത്തിന്റെ അവസരമാണ് അതുകൊണ്ട് പലപ്പോഴും നമുക്ക് എല്ലാവർക്കും പറ്റുന്ന രൂപത്തിൽ ഒരാൾക്ക് ഇസ്ലാമിനെ ആദ്യമായി പരിചയപ്പെടുത്താൻ രൂപത്തിൽ ജീവിതം എന്തിനു എന്ന് പറഞ്ഞു ഈ ഇൻസൈറ്റ് എക്സിബിഷനെ പരിചയപ്പെടുത്തുന്ന ഒരു ലഘുലേഖ സഹോദരങ്ങളെ വെറുതെ ഏകദേശം രണ്ടര രൂപയോളം വില വരുന്ന നാൽപ്പത് പേജ് വരുന്ന ഒരു പ്രാവശ്യം വായിച്ചാൽ ഇസ്ലാമിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് ബോധ്യമുള്ള ഒരു പുസ്തകം ഇതിന്റെ കൂടെ ഇറക്കിയിട്ടുണ്ട് നിങ്ങൾ നിങ്ങൾക്കാവശ്യമുള്ള കോപ്പികൾ കയ്യിൽ വെച്ച് അത് വളരെ ഉത്തരവാദിത്വത്തോടു കൂടെ നമ്മൾ ആളുകൾ കേൾപ്പിക്കണം ഒരു വിസിറ്റിംഗ് കാർഡിന്റെ വലിപ്പത്തിൽ ആളുകൾക്ക് ഇതിന്റെ ഡേറ്റ് ഓർമ്മിക്കാനും ഒരു പക്ഷേ കൂടെ വെക്കാനും പേഴ്സിൽ വെക്കാനും പറ്റുന്ന രൂപത്തിൽ ഇൻസൈറ്റിന്റെ ഒരു വിസിറ്റിംഗ് കാർഡ് നമ്മൾ അടിച്ചിട്ടുണ്ട് നമുക്കത് നമ്മുടെ അടുത്ത സുഹൃത്തുക്കളെ ക്ഷണിക്കാനും നമ്മുടെ അതേപോലെ തന്നെ ഇതിന്റെ സമ്പൂർണ്ണമായ കാര്യങ്ങളെക്കുറിച്ച് അറിയുന്ന മനോഹരമായ ഒരു ബ്രോഷർ ഉണ്ട് സഹോദരങ്ങൾ ഇതിവിടെ പറയാൻ കാരണം ഇതൊരു ദാർവത്താണ് നമ്മുടെ ദൌത്യമാണ് നമ്മൾ ഈ പള്ളിയിൽ ജുമൂടിയവരെല്ലാവരും ഒരു ചെറിയ പങ്ക് നിർവഹിച്ചാൽ പ്രബോധന രംഗത്ത് ഒരു മഹാസംഭവമായി തീരാൻ ഈ കുർആാനിക പ്രബോധനത്തിന് പറ്റും എന്ന ആത്മവിശ്വാസമുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ സാമ്പത്തികമായും ശാരീരികമായും ഈ പ്രബോധന രംഗത്ത് നിങ്ങളുടെ ആത്മാർത്ഥമായ സഹകരണമുണ്ടാകണം നമ്മളത് പൂർണമായും അത് കാത്തിരുന്ന് നമ്മുടെ മക്കളെ കൊണ്ടും നമ്മളും അത് വായിക്കണം അത് ഉൾക്കൊള്ളണം അത് മറ്റുള്ളവരെക്കൊണ്ട് വായിപ്പിക്കണം അങ്ങനെ ഇസ്ലാമിക പ്രബോധന രംഗത്തും എല്ലാ കക്ഷിത്വങ്ങളെയും മറന്ന് കൂട്ടായ്മ സൃഷ്ടിക്കുവാനും ഇസ്ലാമിന്റെ ആത്മാവായ തൌഹൈദദിനെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്താനും ലോകത്തെ ഏറ്റവും വലിയ മഹാത്ഭുതമായ വിശുദ്ധ കുർആാന്റെ മഹാസന്ദേശങ്ങളെ ജനങ്ങൾക്ക് പകർന്നു കൊടുക്കുവാനുമുള്ള നമ്മുടെ എല്ലാ സംരംഭങ്ങളെയും സർവക്ഷതനായ നാഥൻ വിജയിപ്പിച്ച് തെരുമാറാവട്ടെ നമ്മൾ പോയ തെറ്റുകളിനെ നാഥ ഞങ്ങൾക്ക് പുറത്തു മാ പകത്തിനാഥ നമ്മുടെ പ്രത്യേകമായി നമ്മുടെ രണ്ട് സുഹൃത്തുക്കൾ വളരെ അപകടകരമായ അവസ്ഥയിൽ ആക്സിഡന്റിൽ ഹോസ്പിറ്റലിൽ കഴിയുന്ന പ്രാർത്ഥനയ്ക്ക് വേണ്ടി വസ്ഗച്ചിട്ടുണ്ട് അള്ളാഹു അവർക്ക് പൂർണമായ രോഗശമനം പ്രധാനം ചെയ്യുമാറാവട്ടെ അവരുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു മനസമാധാനം പ്രധാനം ചെയ്യുമാറാവട്ടെ സഹോദരൻ നമ്മുടെയും പരടേയും ബന്ധുക്കളും രോഗത്തിലും വിഷമങ്ങളും അവർക്കെല്ലാവർക്കും അള്ളാഹു രോഗശമനവും അനുഗ്രഹവും പ്രധാനം ചെയ്യട്ടെ നാഥ ഞങ്ങളിന്ന് വന്നുപോയ തെറ്റുകൾ ഞങ്ങൾക്ക് പുറത്തുമാ പകരം രക്ഷിതാവേ ഞങ്ങളുടെ ഇണകളിൽ നിന്ന് സന്താനങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് ഇന്ന് ഈ കൺകുളിർമ പ്രധാനം ചെയ്യണമെങ്കിൽ അള്ളാഹു സന്ദേശത്തെ മറ്റുള്ളവർക്ക് എത്തിച്ചുകൊടുക്കാനുള്ള വഴികളെ